പ്രമുപദേഷ്ടീശ്വരം ശങ്കരം ശങ്കചാരശവംവാദരായോ ഭഗവത സദാശിവകുമാരൻ സ്വാമി ശ്രിതങ്ങളായ തലങ്ങളിൽ വരുന്ന വിദ്യ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ മർമ്മങ്ങളിലെ വിദ്യതിയെ അവലംബിച്ച് സാമാന്യ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാസശ്വാസ ലക്ഷണങ്ങൾ ോശ വിയിലും ദോഷഭേദാനുസാരം കാണാം അതായത് ലങ്ങിലൊക്കെ വരുന്ന ക്യാൻസർ അതിലും ഈ ലക്ഷണങ്ങളെല്ലാം കാണും അപ്പം ദോഷം ആശ്രയിച്ച് വാദകാശത്തിലെ അതായത് ഓരോന്നിലും പ്രത്യേകം പ്രത്യേകം കാണാം ഇതിൽ വാദപ്രധാനമായ വിദ്രയിൽ വിദ്രതി വാദജം പിത്തജം കപ निदान प्राचीन स्वरभेदी पूर्व रूप ാപ്തി വിവരണത്തെ ശരിക്ക് പഠിച്ചാൽ രോഗനില അറിയാൻ എളുപ്പമാണെന്ന് മാത്രമല്ല നിസ്സാര ഔഷധങ്ങൾ ലങ് ക്യാൻസറൊക്കെ അതിൻ്റെ തുടക്കത്തില് അറിയുന്ന ബിഷദ്വരന്റെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ വെറും അഞ്ചു മുക്കുറ്റിയും അഞ്ചു കുരുമുളകും ൂടുതലും മുടക്കണ്ടെ കൂടിയാൽ പോലും ഇത് ഫലപ്രദമാണ് തുടക്കത്തിലാണെങ്കിൽ വെറും അഞ്ച് മുക്കുറ്റി സമൂലപ്പൊറിച്ച് അഞ്ച് കുരുമുളക് ചേർത്ത് അറിച്ച് കൊടുക്കേണ്ടത് വേറെ പണിയൊന്നുമില്ല അത് സ്വരഭേദം കാണുമ്പോൾ അറിയാം അതുപോലെ തിരുതാളി മുത്തള് പച്ചമഞ്ഞർ നീട്ട് വെറും കൽക്കണ്ട ചേർത്ത് കൊടുത്താൽ കൂടിയ നിലയിൽ പോലും ഫലം കിട്ടുന്നവയാണ് ഇന്ന് പലപ്പോഴും ആയുർവേദക്കാരുടെ അടുക്കൽ എത്തുന്നത് ഒരു പിടി മരുന്നുകൾ കഴിച്ചതിന് ശേഷമാണ് വൈചിത്യം അതിനിടയിൽ ഒരുപാട് കോശങ്ങളെ തകർത്തിട്ടുമുണ്ട് അതിനേക്കാളേതോ വൈചിത്രമുള്ളത് ആ കണ്ടെത്തലിനെ പിൻപറ്റി ചികിത്സിക്കാൻ പോകുമെന്നുള്ളതാണ് അതാണ് കൂടുതൽ അപകടകര സ്വതന്ത്രമായ ആയുർവേദത്തിന്റെ നിദാന പ്രക്രിയയിലൂടെ രോഗത്തെ സമീപിക്കില്ല പകരം ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ നിദാന കലനയിൽ നിന്നുകൊണ്ട് ആയുർവേദ മരുന്നുകളെ സ്പെസിഫിക് കൊടുക്കാൻ ശ്രമിക്കും എന്റെ തമ്മിൽ ഒരുപാട് അന്തരുണ്ട് അതായത് ശബ്ദത്തിനടർച്ച തുടങ്ങി വാദപ്രധാനമായ ശ്വാസകോശ വിഗ്രതി വന്നാൽ ശ്വാസകോശത്തിൽ മുഴയുണ്ടായി അർബുദമൊക്കെയായി പരിണമിക്കുന്നുവെന്ന് വന്നാൽ ശിരശൂല സ്വരഭേദോ എന്ന് പറഞ്ഞിട്ടുണ്ട് ആചാര്യം അതായത് പാർശ്വവേദന ഹൃത്കമ്പം അതുപോലെ തന്നെ ശിരശൂല തലവേദന സ്വരഭേദം ഇവയൊക്കെ അതിൻ്റെ ഫലമാണ് അപ്പം അതിൽ തീരുമാനിക്കാൻ പറ്റും സ്വരസാദം സ്വരഭേദമൊക്കെ ഉണ്ടാവും ചിലർക്ക് ശബ്ദം തന്നെ ഇല്ലാതായി പോകും ശ്രദ്ധ വളരെ ചെറിയ ഔഷധങ്ങൾ കൊണ്ട് കടന്നു വാദകാസത്തിലെ പാർശ്വഭാഗങ്ങളിൽ വേദന മുരത്തിലെ വേദന തലവേദന തുടങ്ങിയ വേദനാ വിശേഷങ്ങൾ പ്രധാനമായും ഉണ്ടായിരിക്കും പിത്തവിദ്യ പുകച്ചിലുണ്ടാവും വെള്ളദാഹം ഉണ്ടാവും നവജ്വരം ഉണ്ടാവും തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ കാണും അത് പിത്തവിദ്യ ശ്വാസകോശത്തിൽ ഉണ്ടായാൽ ഇങ്ങനെ കാണും വളരെ വേഗത്തിൽ പാകത്തെ പ്രാപിക്കുകയും ചെയ്യും ആ വിദ്രതി വേഗം പഴു ഉള്ള പാകത്തെ പ്രാപിക്കുകയും ചെയ്യും കവച വിദ്രയിൽ ഗുരുത്വം ശ്വാസതടസ്സം പുരപ്രദേശത്തും പുറമേയും വേദന അനുഭവപ്പെടുക ഉരത്തിൽ എന്തോ നിറഞ്ഞു നിൽക്കുന്നത് തോന്നുക കല്ലെടുത്ത് വെച്ച പോലൊക്കെ തോന്നുക ക്രമേണ പാകപ്രക്രിയക്ക് വിധേയമാവുകയും ചെയ്യും കവച വിദ്രടേയതാണ് അത് നോക്കിയാ തീരുമാനിക്കുന്നത് ചെല്ലുന്ന രോഗി പറയും എന്തോ എന്റെ നെഞ്ചത്തെടുത്ത് വെച്ചതുപോലെ തോന്നുകയാണെന്ന് പറയും അപ്പൊ ഒരു ലക്ഷണം പോരാ ക്ലിനിക്കലായിട്ട് ഡയഗ്നോസ് ചെയ്യണം ഇന്നിപ്പോ ക്ലിനിക്കൽ ഡയഗ്നോസ് വളരെ കുറവാണ് ഉപകരണങ്ങളിലൂടെയുള്ള ഡയഗ്നോസാണ് കൂടുതലും ഇത് പലപ്പോഴും തെച്ചെടുക്കേറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെ അവലംബിച്ചാണ് ഇന്ന് ഈ പണി നടക്കുന്നത് കമ്പ്യൂട്ടറിലെ ഗണിതം മൈക്രോയിലാണ് ഇതൊരു സോഫ്റ്റ്വെയർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പക്ഷെ ചെല്ലുന്ന രോഗിയും ബാക്കിയുള്ളവരും ഒക്കെ വിഷഗുരന്മാരിൽ ചെല്ലരുമെങ്കിലും ഒക്കെ വിചാരിക്കുന്നത് കമ്പ്യൂട്ടർ അതാണ്ട് സ്വയം ശക്തിയുള്ള സാധനമാണെന്നാണ് ധരിച്ചു വെച്ചായിരിക്കുന്നത് അതിനകത്തൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അത് ഫീഡ് ചെയ്തിട്ടാണ് നമുക്ക് റിപ്പോർട്ട് തരുന്നത് ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന സമയത്ത് ഏകാഗ്രത പോയ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അത് ചെയ്യുന്നത് എങ്കിൽ ഏക്രത ഇല്ലാത്തത് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം അതുകൊണ്ട് എല്ലാ സാധ്യതയും കമ്പ്യൂട്ടർ രംഗത്തുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ട് പദം ഞാൻ പറഞ്ഞത് ശരിയായിരിക്കുമോ ഏഗിനെ കുറിച്ചുള്ള ധാരണ ആളുകളിലുള്ളത് അതിന്റെ കണക്ക് കൂട്ടുന്നതിൽ വല്ലതും പെശകായിട്ടാണ് എണ്ണിക്കൂരുന്നത് അല്ല സോഫ്റ്റ് വെയർ എഞ്ചിനീയറുടെ മനസ്സിന്റെ പ്രതിബിംബമാണ് ചിലപ്പോ വർഷങ്ങൾ കഴിഞ്ഞാണ് പ്രകടമാവുക നിലവിലുള്ള സാധാരണ സ്ഥലങ്ങളിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നവർ സമ്മതിച്ചേക്കില്ല ദീർഘകാല ചോദിച്ചാൽ അവര് അവർക്കറിയില്ലെങ്കിലും ഇത് നമ്മൾ അങ്ങോട്ടിട്ട് കൊടുത്താൽ ചിലപ്പോൾ സമ്മതിച്ചേരും മനസിന്റെ പ്രതിബിംബം ഉണ്ട് കണക്കിലൊക്കെ മാറ്റുന്നതുണ്ട് ഇതിന് വേണ്ടുന്ന കണക്ക് ഗുണനം മരണ മുതലായവയൊക്കെ വാങ്ങിക്കുന്നവയാണ് അവയിൽ തെറ്റുവരാൻ സാധ്യതയുള്ളതല്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് തെറ്റുവാന്നത് ഇയാൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇയാളുടെ ആ പ്രതിബിംബം അല്ലാതെ വേറെ ഒരുപാട് പേരും അങ്ങനെ ക്ലിയർ ചെയ്താൽ പോലും മൈൻഡിന്റെ പ്രതിബിംബം ഉണ്ടാകുന്നത് മാറില്ല അങ്ങനെ വന്നതിന്റെ രസകരമായ സംഭവം കേരളത്തിലെ കൂടുതൽ എവിടെ നിന്ന് ജപ്പാൻ ബേസ്ഡ് ടെക്നോളജി അനുസരിച്ചാണ് മെഡിക്കൽ ഫീൽഡില് സ്കാനിങ്ങിന്റെ ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്നത് മിസ്സുഷിയുടെ ഒക്കെയാണ് അതിന് ബേസ്ഡായിട്ട് എടുത്തിരിക്കുന്ന മനുഷ്യ ശരീരം ഇന്ത്യക്കാരുടേതല്ല ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് അമേരിക്കക്കാരുടെ വലിപ്പം കൂടുതലാണ് അപ്പൊ ജാപ്പനീസ് ജനതയെ അവലംബമാക്കിയാണ് അതിന്റെ മോഡൽ എടുത്തിരിക്കുന്നത് ശരീരശാസ്ത്രത്തിന് മറ്റും അപ്പൊ അതാണ് ബേസ് അതിനോടാണ് താരതമ്യപ്പെടുത്തുന്നത് ചെലപ്പോ ഒരു പോറല് മാത്രമായിരിക്കും പക്ഷെ സ്കാനറിൽ കിട്ടുന്നത് ഒരു ട്യൂമറായിട്ടായിരിക്കും ഇതിൽ പല ഉപകരണങ്ങളും അമേരിക്ക ഇംഗ്ലണ്ട് പോലെ രാജ്യങ്ങളിൽ ഉപയോഗിച്ച് ഉപേക്ഷിച്ചവയാവും അവർ റീകണ്ടീഷൻ ചെയ്തു വരുന്നവയാണ് കൂടുതലും വലിയ വലിയ തലങ്ങളിലൊക്കെ ഇരിക്കുന്നത് അവിടെ ഉപയോഗിച്ച് റീകണ്ടീഷൻ ചെയ്ത ഉപകരണങ്ങളാണ് അതുകൊണ്ട് സ്വാഭാവികമായും തെറ്റുവരുന്നു ഇവയെ പലപ്പോഴും നിദാന പ്രക്രിയയിൽ എത്തുന്നത് കാര്യങ്ങളിലൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമ്മുടെ വിഷയമല്ല അതിന് വെളിയിൽ പറഞ്ഞതാണ് കാരണം ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ് ഏറ്റവും മൂത്തം തണ്ടൻ ഈ രംഗത്ത് പറയുകയും ചെയ്യും ഡോക്ടർ തണ്ടൻ വളരെ പ്രസിദ്ധനായ ന്യൂറോളജിസ്റ്റ് ആണ് ശരിക്ക് നിദാനത്തിലാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ കൊണ്ട് വാതജവും തിത്തജവും കവചവുമായിരിക്കുന്ന വിദ്യഥികളെ തിരിച്ചറിയാം ഇവ സംപ്രാപ്തിയുടെ ഓരോ ഘട്ടങ്ങളിലും ചികിത്സിക്കാതിരുന്നാൽ സഞ്ചയം കോപം പ്രസാരണം സ്ഥാന സംശ്രയം വ്യക്തി ഭേദം അരിഷ്ടം ഉണ്ടാവൂന്നറിയില്ല ഇങ്ങനൊന്ന് പഠിച്ചതായി തുടർന്നുണ്ടോ ഏ അങ്ങനെയുള്ള സംപ്രാപ്തിയുടെ ഘട്ടങ്ങളുണ്ട് അതിൽ സഞ്ചയസമയത്ത് ചികിത്സിക്കാൻ കഴിഞ്ഞാൽ വളരെ നിസ്സാര മരുന്നുകൾ വന്നു ഏത് ജീവിതക്രമത്തിൽ ഒരു രോഗവും സഞ്ചയവേളകളിൽ ചികിത്സിക്കപ്പെടുന്നില്ല ഒന്ന് ആധുനികരായി ജീവിക്കുന്നവർ അവരുടെ ജീവിതക്രമത്തിനിടയിൽ അവരിൽ ആന്തരികമായി നടക്കുന്ന പരിണാമങ്ങളെ കുറിച്ച് ബോധമുള്ളവർ പഴയ ആളുകൾക്ക് തൻ്റെയും തൻ്റെ പ്രകൃതിയുടെയും പരിണാമങ്ങൾ അറിയുവാനുള്ള ഒരു സൂക്ഷ്മ ദർശിനി അവരിൽ അതാണ് ആധുനികൻ വിദ്യാഭ്യാസം കൊണ്ട് നഷ്ടപ്പെടുത്തിയത് നിങ്ങള് പഴയ തലമുറ ഒന്നു മുതൽ പതിനാറ് വരെയുള്ള പട്ടികകളെങ്കിലും പഠിച്ചിരുന്നു ഗണിതശാസ്ത്രത്തില് ശരിയല്ല അത് കഴിഞ്ഞു ഒരു തലമുറ ഒന്നു മുതൽ പതിനൊന്ന് വരെ പഠിച്ചിരുന്നു പിന്നത്തെ ഒരു തലമുറ പട്ടിക പഠിക്കേണ്ട തീരുമാനിച്ചു കാൽക്കുലേറ്റർ മതിയെന്ന് തീരുമാനിച്ചു ആ ഉപകരണം ഉള്ളപ്പോൾ എന്തിനാണ് ഇത് പഠിച്ചു തലേ വെക്കുന്നത് ആവശ്യം വരുമ്പോ നോക്കിയ പോലെ വിദ്യാഭ്യാസത്തിൽ നോട്ട് ബുക്കുകൾ കണ്ടെത്തിയതോടുകൂടി അറിവ് ഗ്രന്ഥത്തിന് അലങ്കാരമായി മസ്തിഷ്കത്തിന് അലങ്കാരമല്ലാതായി ഇതൊരുപോലെ സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല വരാൻ നിൽക്കുന്നത് അറിവ് മസ്തിഷ്കത്തിന് അലങ്കാരമല്ലാതായി ശരിയാണോ ഏ പുസ്തകത്തിലുണ്ട് നോട്ട്ബുക്കിലുണ്ട് അപ്പൊ സൂക്ഷിച്ചവിടെ ആവശ്യം വരുമ്പോൾ നോക്കിയാൽ പോരെ പക്ഷെ ഒരിലും നോക്കി ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല ഗുണന പട്ടികയും മറ്റും ആ പട്ടിക പഠിച്ച് കുണിക്കാനല്ല പഠിച്ചത് അങ്ങനെയാ നിങ്ങളുടെയൊക്കെ ധാരണ ആ പട്ടികയിലൂടെ അവന്റെ മൈൻഡ് ഷാർപ്പാകുന്നുണ്ടായിരുന്നു മനസ് പ്രധാനമായിരിക്കുകയും മനസ്സ് ആരോഗ്യമുള്ളതായിരുന്നാൽ ശരീരം ആരോഗ്യമുള്ളതായിരിക്കുകയും മനസ്സ് ജീവിത നിർവാഹത്തെ മുഴുവൻ നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലുള്ള ട്രെയിനിങ് ആയിരുന്നു